ഇന്ത്യയിലെ പ്രധാന ചരിത്ര സ്മാരകങ്ങൾ അജന്താ ഗുഹകൾ ഔറംഗാബാദ് ബുദ്ധവിഹാരങ്ങളായിരുന്നു വാസ്തുശില്പകലയുടെയും ശില്പകലയുടെയും ചിത്രകലയുടെയും മകുടോദാഹരണം എലിഫന്റ ഗുഹകൾ മുംബൈക്ക് സമീപമുള്ള ദ്വീപിൽ സ്ഥിതി ചെയ്യുന്നു ഏഴ് ഗുഹകൾ ഉൾക്കൊള്ളുന്നു ശില്പകലയ്ക്ക് പ്രസിദ്ധം യെല്ലോറ ഗുഹകൾ ഔറംഗാബാദ് പുരാതന ഗുഹാക്ഷേത്രങ്ങൾ കൈലാസക്ഷേത്രം പ്രസിദ്ധം നളന്ത പാട്നയ്ക്ക് സമീപം പുരാതന ബുദ്ധമത സർവകലാശാലിൽ കുമാരഗുപ്തൻ സ്ഥാപിച്ചത് ഷാഞ്ചി ഭോപാലിന് സമീപം പുരാതന ബുദ്ധവിഹാരം മഹസ്തംഭം ഇവിടെ സ്ഥിതി ചെയ്യുന്നു സാരനാഥ് വാരണാസി ബുധൻ ആദ്യ പ്രബോധനം നടത്തിയ സ്ഥലം ഗാന്ധി സദൻ ന്യൂഡൽഹി മഹാത്മാഗാന്ധി വധിക്കപ്പെട്ട ബിർള ഹൌസ് രാജ്കട്ട് ന്യൂഡൽഹി മഹാത്മാഗാന്ധിയുടെ സമാധിസ്ഥലം യമുനയുടെ തീരം ത്രിമൂർത്തി ഭവൻ ന്യൂഡൽഹി ഇന്ത്യയിലെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിന്റെ ഔദ്യോഗിക ഭവനം ഇപ്പോൾ ദേശീയ സ്മാരകമായി സൂക്ഷിക്കുന്നു വിജയ്ഘട്ട് ന്യൂഡൽഹി ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ സമാധിസ്ഥലം യമുനയുടെ തീരം ബുദ്ധഗയ ദേവാലയം ബുദ്ധഗയൻ അശോകനിർമ്മിച്ച അറുപത് മീറ്റർ ഉയരമുള്ള ദേവാലയം